മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരോടും നിങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിന്നു പുറത്താക്കാത്തവരോടും നിങ്ങൾ സന്മനസോടെ പെരുമാറുന്നതിനും അവർക്ക് നീതി നൽകുന്നതിനും അള്ളാഹുസുബഹാനഹുവചായ നിങ്ങളെ വിലക്കുന്നില്ല തീർച്ചയായും നീതി പാലിക്കുന്നവരെ അല്ലാഹുസുബഹാനഹുവചായ ഇഷ്ടപ്പെടുന്നു